ൃപം <laughs> തധത്തോകാര <laughs> यंगरेवस्तानो बतित्त्र सत्संग इकोननि सवेनितस्तुलभं विश्वानर प्रकृनमपादह सत्स्थानो अनुसृकृत्नि सत्संग इकोननि सवेनित कृर्तघस्तलेस सिदिनीयपादह ചാദമേകൻഡസ് എ ഭ്യാനന്ദം ചേമുഖാസ്തൃതിയവാദ മന്ദ്രജ്ഞംഭേദ <laughs> പ്രജ്ഞാന <laughs> <laughs> <laughs> <laughs> <laughs> <laughs> അദൃശ്യംഹാരിദ്രാഗ്യം അനക്ഷൻ അച്ഛന്ധ്യപദേശ പ്രത്യസാരം പ്രപഞ്ചോപശം അദ്ദേഹം ചതുർത്ഥം വന്യന്തി സേഹ ൈശ്വാഥമാത്രേരാധിമത്വ് ആഹ് വൈ സർവാൻ സ്വപ്നസ്ഥാന തേജസ ഉപ്പോ ദ്ധ്യാമാത്രർ ഉപേസ് ഉപർഷരി ജാനസുന്ദരി സമാനശ്ചോതി നമ്മവിഷ്ട്രസ്ോ മുദസ്തൃതീയ മാത്രേപീതേർ വിനോദിഹ വർ പ്രശതൃോഹാരി പ്രപഞ്ചോകോ അസം വിശതി ആത്മനുവേദ സന്ദിരനത്തിൽ 13 ആമത്തെ കാര്യവ അജോദ് വൈ ജായതേ യസ്യ ദഷ്ടാന്തസ്സ്സ്യ നാ스티 വൈ ജന്ത ജായമാനസ്യ നവവസ്ഥാ പ്രസജ്ജതേ കേടുകളെ എടുത്തു കാണിക്കുകയാണ് ഒന്നും ജനിക്കുന്നില്ല വാസ്തവമായി ഒന്നും ജനിക്കുന്നില്ല അതാണ് ഗുരാചാര്യൻ സമർപ്പിക്കുന്നത് സംഗന്മാരന്താണ് പറയുന്നത് അജാ പ്രധാനം അജമാണ് അത് ജനിച്ചതല്ല അത് നിത്യമാണ് അനാദിയാണ് അനന്തമാണ് അങ്ങനെയുള്ള അജമായിരിക്കുന്ന പ്രധാനത്തിൽ പണി കാണുന്ന പ്രപഞ്ചം ഉണ്ടായതെന്നാണ് അജമായ ജനിക്കാത്ത ഒന്നിൽ നിന്നുണ്ടാകുക അത് യുക്തിക്ക് നിരക്കുന്ന അല്ലെന്നാണ് ഇവിടെ ആചാര്യം പറയുന്നത് അത് ശരിയല്ല നിത്യാദ്വസ്തുഹ ജായ അജമായ നിത്യമായ ഒന്നിൽ നിന്ന് പ്രധാനത്തിൽ നിന്ന് ുന്നു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനുസരിച്ച് എന്തുകൊണ്ട് സസ്യ ദൃഷ്ടാന്തം നാസ്തി അങ്ങനൊരുദാഹരണം പറയാനില്ല ജനിക്കാത്ത ഒന്നിൽ നിന്ന് ജനിക്കുന്നു എന്നുള്ളത് ഉദാഹരണമില്ല പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു പിതാവ് ജനിച്ചതാണ് വൃക്ഷത്തിൽ നിന്ന് മിത്തുണ്ടാകുന്നു വൃക്ഷം ജനിച്ചതാണ് അപ്പോൾ ജനിച്ചതിൽ നിന്ന് ജനിക്കുന്നതേ കാണുന്നു ജനിക്കാത്തതിൽ നിന്നൊന്ന് ജനിക്കുക എന്ന് പറയുന്നത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് സാങ്ക്യന്മാരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ജനിക്കാത്തതിൽ നിന്ന് ജനിക്കുന്നുവെന്ന് അവർക്ക് പറയേണ്ടി വരും ജനിച്ചതിൽ നിന്ന് ജനിക്കുന്നു എന്ന് പറയേണ്ടി വരും ജനിച്ചതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ചോദിക്കും അത് അതിന്റെ കാരണമെന്തോ ഈ കാരണാന്വേഷണം പിന്നിലോട്ട് പോയാൽ ഒരിടത്തും എത്തിച്ചേർത്ത അതുകൊണ്ട് ഈ കാരണാന്വേഷണത്തെ അവരടുത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി അവരെ പറയുന്നു കാരണം എന്താണോ അത് ജനിച്ചിട്ടില്ല അതിൽ നിന്നാണ് ജനിക്കുന്ന സ്രവം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെ പറയുന്നതിന് ദൃഷ്ടാന്തം ഈ പ്രപഞ്ച അനുഭവത്തിൽ കിട്ടത്തില്ല ദൃഷ്ടാന്താഭാവേ അർത്ഥാ അജാന്ന തിഞ്ചി ലായതേ വിധി സിദ്ധംഭവതി അങ്ങനെ വന്നുകഴിഞ്ഞാൽ അജത്തിൽ നിന്ന് ജനിക്കാത്തതിൽ നിന്ന് ജനിക്കുന്നു എന്നുള്ളത് ഒരിക്കലും സമ്മർദ്ദിക്കാൻ കഴിയത്തില്ല ഉദാഹരണമില്ല എടുത്ത് കാണിക്കാനില്ല ജനിക്കാത്ത ഒന്നിൽ നിന്ന് ജനിച്ച ഒന്നിനെ കാണിക്കാൻ നിവൃത്തിയില്ല യഥാ പുനർജാതാ മാനസിക വസ്തുനോ അഭ്യൂമ തന്യസ്മാ വ്യവസ്ഥാ പ്രസജന അങ്ങനെ ഒരു ദൃഷ്ടാന്തത്തെ കാണിക്കാനില്ല അതുകൊണ്ട് പറയുകയാണ് ജനിച്ചതിൽ നിന്ന് ജനിക്കുന്നത് ലോകത്ത് കാണുന്നതും എന്ന് പറഞ്ഞാലോ അതും ശരിയാകത്തില്ല കാരണം ജനിച്ചതിൽ നിന്ന് ജനിച്ചു എന്നു പറഞ്ഞാൽ പിന്നിലേക്ക് പോകും അതെന്തിനിന്ന് ജനിച്ചു അതെന്തിൽ നിന്ന് ജനിച്ചു എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരിടത്തും എത്തത്തില്ല അനവസ്ഥാ ദോഷമില്ല തഥപ്പി അന്യസ്മാ ജാഥ തഥപ്പി അന്യസ്മാതീ ന വ്യവസ്ഥാ പ്രസജ ഒരു തീരുമാനത്തിലെത്താൻ കഴിയത്തില്ല ഇതെവിടെയാ തുടങ്ങിയത് ആദ്യം സൃഷ്ടിയുടെ ആദ്യം എന്താണോ എന്ന് കണ്ടെത്താൻ കഴിയില്ല കാരണം ഏതെങ്കിലും ഒന്നിനെ സൃഷ്ടിയുടെ ആദ്യമായി പറഞ്ഞാൽ ചോദിക്കാം അതിനാരും സൃഷ്ടിച്ചു നിങ്ങൾ പറയണം ഈശ്വരനാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവിടെയും ചോദിക്കും എന്താണ് ഈശ്വരനെ സൃഷ്ടിച്ചു എന്ന് അതാണ് അനവസ്ഥാനം ഇതിനൊരു അവസാനം ഇല്ലാതെ വരുന്നത് ഇവരെയാണ് അതിനാരും സൃഷ്ടിക്കേണ്ട കാര്യമില്ല അത് പരമമായൊരു കാരണമുണ്ട് ആ കാരണത്തിന് ആര് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നീ കാണുന്നതിനെയും അവർ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാം അതിനെന്താ വ്യക്തിഭംഗമെന്ന് ചോദിച്ചു ഏതെങ്കിലും ഒന്നിനെ പരമകാരണമായി സ്വീകരിക്കുകയും അതിനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അത് ഏതിനെ സംബന്ധിച്ചു ഈ കാണുന്ന പ്രപഞ്ചവും അതും ആരും സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടി ഉണ്ടായതിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവസ്ഥാ ദോഷങ്ങൾ എവിടെ തുടങ്ങി എന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വരും അതുകൊണ്ടിവിടെ എന്താണ് സൃഷ്ടിയെ സംബന്ധിച്ച് പരമാർത്ഥത്തിൽ അങ്ങനെ ഒന്നില്ല എന്ന് സ്വീകരിക്കാൻ പറ്റും അവിടേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നത് കാരണം പ്രപഞ്ചം പ്രത്യക്ഷമായി ജീവന്റെ മുമ്പിലുണ്ട് അവിടെ ജനന മരണങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടുപോയിരിക്കുന്നു ജനനം പ്രത്യക്ഷമായി കാണുന്ന പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനന മരണങ്ങളെ നേരിട്ട് നിഷേധിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നാർക്കും പറയാൻ പറ്റത്തില്ല കാരണം പ്രത്യക്ഷ അനുഭവം മുമ്പോട്ടൊന്നും പറയും നിങ്ങൾക്കിതെല്ലാം അനുഭവമുണ്ട് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊന്നും നിങ്ങൾക്ക് അനുഭവമില്ലെന്നോ ഇതൊന്നും സംഭവിക്കുന്നില്ലെന്നോ എന്നല്ല നിങ്ങൾ പറയുന്നു ഇവിടെ ജനന മരണങ്ങളെല്ലാം ഉണ്ട് സമ്മതിക്കാം പ്രപഞ്ചം സജീവമായിട്ടുണ്ട് മുമ്പിൽ നിങ്ങളുടെ അനുഭവത്തിൽ അത് ഉള്ളതാണ് അതിനെ നിന്നും നിഷേധിക്കുന്നു ആരുടെ ഈ അനുഭവത്തെ ഇവിടെ ചോദ്യം ചെയ്യുന്നു പക്ഷെ ഇത് സത്യമാണോ ഒരാൾ പറയുന്നു എന്റെ അനുഭവം ത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനെ സത്യമാണെന്ന് കരുതുന്നതാണ് ആ ഒരു ഭാഗത്തെയും ഇവിടെ ചോദ്യം ചെയ്യുന്നു ഒരു വിഷയം അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് അനുഭവപ്പെടുന്നത് കൊണ്ട് സത്യമാണെങ്കിൽ രജ്ജുവിലെ സർപ്പ സത്യം എന്ന് പറയേണ്ടി വരും ആ സത്യമാണെന്നാരും പറയുന്നത് ഭ്രമം അതും അനുഭവമാണ് പക്ഷെ ഇത് പ്രപഞ്ചം അനുഭവപ്പെടുന്നു പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി നയങ്ങളെല്ലാം അനുഭവപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ പറയുന്നത് എന്താണോ പാമരന്മാരുടെ അനുഭവം മൂഢബുളുടെ അനുഭവം വെച്ചുകൊണ്ടല്ല സത്യാന്വേഷണം തുടങ്ങുന്നതും അതവസാനിക്കുന്നു പക്ഷേ അത് വിവേകികളുടെ ചിന്ത അനുസരിച്ചിട്ടാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വിവേകപൂർവമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന എന്താണ് സൃഷ്ടിയെ സത്യമായി അംഗീകരിക്കാൻ നിവർത്തിക്കില്ല സൃഷ്ടിയെ അംഗീകരിക്കുക കാരണം അത് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ അതിന് സത്യമായി അംഗീകരിക്കാനൊന്നും ഇവിടെ തീരാ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ശങ്കരാചാര്യൻ ജീവനുള്ള പ്രപഞ്ചത്തെ കൊല്ലുന്നയാളാണ് പ്രപഞ്ചം സചേതനമായി മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് അപ്പോൾ അതിന്റെ ആ സചേതനത്വം അതിനെ നിഷേധിക്കേണ്ട രീതി മറിച്ച് അതിന്റെ പരമാർത്ഥം എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ആ പരമാർത്ഥം വിവേകത്തിൽ മാത്രം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വിവേകത്തിന്റെ ഭാഷയിലാണ് മനസ്സിലാക്കേണ്ടത് എന്നാ കേവലമായ അനുഭവത്തിന്റെ ഭാഷയിലല്ല അതുകൊണ്ട് ഏതു തരത്തിൽ ചിന്തിച്ചാലും ശരി സൃഷ്ടിയെ വാസ്തവമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് മറിച്ച് സൃഷ്ടിയെ പ്രത്യക്ഷമായി നിഷേധിക്കുന്നുമില്ല നമ്മൾ ചോദ്യം ചെയ്യുന്ന എവിടെയാണ് സൃഷ്ടി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുക ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ സ്വീകരിക്കും അതില്ലാത്തതാണെന്നും പറയുന്നില്ല അതില്ലാത്തതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുക എന്നുള്ള നമ്മുടെ അനുഭവത്തെ നിഷേധിച്ചിട്ട് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമ്മുടെ അനുഭവത്തെ ആദ്യം അംഗീകരിക്കുക ചെയ്യുന്നു അംഗീകരിച്ചതിന് പിന്നെ ചർച്ചയുടെ ആവശ്യം നമ്മുടെ അനുഭവം ശരിയാണ് അനുഭവം പക്ഷെ പരമാർത്ഥത അതെന്താണെന്നാണ് അപ്പോൾ പരമാർത്ഥികമായി നോക്കുമ്പോൾ ഈ അനുഭവം കേവലം ാരോപിതം മാത്രമാണ് അതാണ് ഇവിടെ സമൃദ്ധിക്കുന്നത് അജാദ്വൈമാ പ്രസജ്യത്തെ ഹേതോരാതിഫലം യു ൈരുമ്യതേ യഭൂത്തി പരമാർത്വിധാ ഭാവ ശ്രുതി ഉക്ചര്യാവരെയുമോ അതിഭൂത് കിനകം പശി കിനകം ബിലാനിയ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഒരുവനും എപ്പോഴാണോ സർവവും താനായി തന്നെ തീറുന്നത് താൻ അന്യനിന്നുള്ള ഭേദം നശിച്ച് താൻ മാത്രമായി തീരുന്നത് അവിടെ ആ അവസ്ഥയിൽ പരമാർത്ഥത ദ്വൈതാഭാവം ശ്രുത്യ ശ്രുതി പറയുന്ന ദൈത അഭാവം അവിടെയാണ് അതെങ്ങനെ പരമാർത്ഥത അതിനാണ് പ്രാധാന്യം ജഗത്മിഥ്യ എന്ന് പറയുമ്പോ അവിടെ നമുക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതെന്ന് കൊണ്ടാണോ നമ്മൾ സത്യമായി അനുഭവപ്പെടുന്നതിനും മിഥ്യ എന്ന് പറയുന്നത് കൊണ്ടാണോ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് പരമാർത്ഥത ദ്വൈതാഭാവതാണ് ശ്രുതി പറയുന്നത് നിങ്ങളെ കാണുന്ന നിലയിലുള്ള ദ്വൈതത്തിന്റെ അഭാവത്തെയല്ല പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ അവിടെ വ്യാഘാത ദോഷം വരും എനിക്ക് നാവില്ല എന്ന് പറയും പോലെയാണ് അതാണ് വ്യാഘാത ദോഷമെന്ന് പറയും ഒരാൾക്ക് അങ്ങനെ പറയാനൊരിക്കലും കഴിയത്തില്ല എനിക്ക് നാവില്ല എന്ന് പറയാൻ കഴിയത്തില്ല അതുപോലെയാണ് ഒരാൾ പറയുന്നത് എന്താണോ അതാ ഈ കാണുന്നതൊന്നും ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ അത് വെറുതെ കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെയുള്ളൂ കണ്ണടച്ചാലും പകൽ ഇരുട്ടാവും പക്ഷെ അത് നമുക്കറിയാം എന്താണ് വാസ്തവത്തിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇരുട്ട് വാസ്തവത്തിൽ വരുന്നില്ല പക്ഷെ കണ്ണടയുന്നതേ ഉള്ളൂ അപ്പോൾ ജഗന് മിഥ്യ എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെ അല്ല പിന്നെ ഇതിൽ പാരമാർത്ഥികമായ നിലയുണ്ട് പരമാർത്ഥത അടുത്ത് മഹർഷികാരൻ തന്നെ പറയും നിങ്ങൾ ഇവിടെ വിവാദം ഉണ്ടാകുന്നു നിത്യാണെന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു അസത്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഭക്ഷിക്കാരൻ അടുത്ത് ചോദിക്കും മുക്തി സമാധി സുഷുപ്തി ഈ അവസ്ഥകളിലെല്ലാം നിങ്ങൾക്ക് തർക്കമില്ലല്ലോ അവിടെയൊന്നും നിങ്ങൾ തർക്കിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതൊന്നും ഈ തലത്തിലല്ല ഈ അനുഭവത്തിന്റെ തലത്തിലല്ലെങ്കിൽ ഇതിന് വ്യാവഹാരികമായ ഒരു തലമെന്ന് പറയും ഈ തലത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ നിഷേധിക്കുകയല്ല അദ്വൈതത്തിൽ ചെയ്യുന്നത് മറിച്ച് പരമാർത്ഥത അത് മനസ്സിലിരിക്കുന്നു എന്നാലേ ഈ ജഗന് മിഥ്യാത്വവാദം എന്തെന്ന് മനസ്സിലാവുന്നു നമ്മളത് അംഗീകരിച്ചാലും നിഷേധിച്ചാലും ഉൾക്കൊണ്ടാലും അതിനെ തിരസ്കരിച്ചാലും ഇതെന്താണെന്ന് മനസ്സിലാവണമത് ഇതിനെ നിഷേധിക്കുന്ന പലരും പ്രത്യക്ഷ ശ്രവണത്തിൽ തന്നെ ഇതിനെ നിഷേധിക്കുന്ന പലരും ഇതിന്റെ താൽപ്പര്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പരമാർത്ഥത്തിൽ അതില്ല എന്നാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാത്തതാണ് പരമാർത്ഥത ദ് ശ്രുത്യാക്ത ദ് ദ് ദ് ദ്ാം ശ്രുതി പറഞ്ഞിരിക്കുന്നത് പാരമാർത്ഥികമായ ഒരു തലത്തിലാണ് അതിനു ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പറ സമാധിയും സുഹൃതിയും എല്ലാം സമാധീനും സുഹൃത്തിനും എല്ലാം ഒരു തരത്തിലുള്ള ദ്വൈതാഭാവമാണ് അതുപോലെ ഒന്നാണ് ഈ പാരമാർത്ഥികമായ ദ്വിതാഭാവം അതാണ് ശ്രുതി പറയുന്നത് അതിനെ ആശ്രയിച്ചിട്ട് വേണം ഇവിടെ ഈ പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്ന കാര്യത്തെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ മൂഢതയിൽ നിന്നുകൊണ്ടല്ല നിങ്ങളുടെ മൂഢതയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ആ ചർച്ച കാരണം ഇത് ചർച്ച ചെയ്യുന്നത് മൂഢന്മാരോടല്ല പ്രപഞ്ചത്തെക്കുറിച്ച് പ്രപഞ്ചത്തിന്റെ ഉത്പത്തിസ്ഥിതി നാശത്തെക്കുറിച്ച് ഇതിന്റെ സത്യ അസത്യത്തെക്കുറിച്ചെല്ലാം വളരെ സൂക്ഷ്മമായി ചിന്തിച്ചിട്ടുള്ള പ്രാമാണികന്മാരായ ആചാര്യന്മാരോടാണെന്ന് പറയുന്നത് ഇതാണ് സാഖ്യ ന്യായ വൈശേഷിക ആചാര്യന്മാർ അവരോട് പറയുമ്പോൾ ഇത് എളുപ്പം അവസാനിക്കത്തില്ല ചർച്ച അതാണ് നീണ്ടുപോകുന്നത് കാരണം അത് ബോധ്യപ്പെടുത്തണം അവർ നിൽക്കുന്ന സ്ഥലം ഏതാണ് പരമാർത്ഥത്വത്തിന്റെ തലം ഏതാണോ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയണം ഹേതുഹോ ധർമാധർമാതി കാരണം ദേഹാദി സംഘാതോ ഫലം ഏഷാം വാദിനാണ് നമ്മൾ സാറിന് പറഞ്ഞു വരുന്ന ഒരു ഉദാഹരണം കോഴിയുടെയും മുട്ടയുടെയും ഉദാഹരണം സാറിനെ ചോദിച്ചോണ്ട് ആദ്യ ഏതാ ഉണ്ടായത് കോഴിയാണോ മുട്ടയാണോ ഇവിടുത്തെ ചർച്ചയുടെ അടിസ്ഥാനം അത് തന്നെയാണ് ഇതിൽ കാര്യകാരണഭാവം നിങ്ങളെങ്ങനെ സമർത്ഥിക്കുന്നു ഇത് അനാദിയാണെന്ന് പറയാമോ അനാദിയായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ വ്യക്തിഭേദം കൊണ്ട് സംഭവിക്കുന്നു ഇതിലാദ്യമേത ഉണ്ടായത് തുടക്കം എവിടെ നിന്ന് തുടങ്ങി ഏതെന്ന് തുടങ്ങി എന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല കാരണം ഏതെങ്കിലും ഒന്നിനെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനു മുമ്പ് എന്തെന്ന് ചോദ്യം വരും ഇവിടെ പൊതുവായി ഈ ജഗത്തിനെക്കുറിച്ച് പറയുന്നു ഹേതു ധർമാധർമാതി കാരണം പൊതുവായി പറയുന്നതാണ് ഈ ശരീരത്തിന് കാരണം എന്താണ് സൃഷ്ടി എന്ന് പറയുമ്പോൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വിച്ഛേദനമായ സൃഷ്ടിയാണ് ചൈതന്യവത്തായ ശരീരങ്ങളുടെ സൃഷ്ടി അതിലാണ് നമ്മൾ പ്രത്യക്ഷമായി സൃഷ്ടിസ്ഥിതി നാശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മിൽ തന്നെ എന്ന് പറയാം ബാഹ്യമായ ഒന്നിലല്ല നമ്മൾ മുഖ്യമായും സൃഷ്ടിസ്ഥിതി നാശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു തന്റെ ജനനം തന്റെ നിലനിൽപ്പ് തന്റെ മരണം ഇതാണ് സൃഷ്ടിസ്ഥിതി നാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ തന്റെ ജനനം മരണം എന്ന് പറയുമ്പോൾ എന്തായാലും ആ ജനന മരണങ്ങളിൽ നിന്നും വേർതിരിച്ച് തന്നെ കാണും ജനന മരണങ്ങൾ സംഭവിക്കുന്നത് തന്റെ ശരീര സംഘാതത്തിനാണെന്നും മനസ്സിലാക്കുന്നു ഇത്രയും സാഖ്യന്മാരും ന്യായവൈശേഷികന്മാരുമായി ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ട് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവിന്റെ അസ്തിത്വത്തെ അവർ അംഗീകരിക്കുന്നു അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് ഈ ശരീരസംഘാതം ജനിക്കുകയും വരിക്കുകയും ചെയ്യുന്നതിന് എന്താ കാരണം അത് അവർ പറയുന്നു പുണ്യപാപങ്ങൾ അതും ഇറങ്ങിയിരിക്കുന്നു ഒരു കാരണം കൂടാതെ സംഭവിക്കത്തില്ല കാരണമായി അവർ സ്വീകരിച്ചിരിക്കുന്ന എന്താണ് ധർമ്മധർമാതി എന്ന് വെച്ചാൽ പുണ്യപാപങ്ങൾ അതി എന്ന് പറയുമ്പോൾ അത് ഹേതുവായി വരുന്ന കർമ്മം രാഗദ്വേഷാദികൾ ധർമാധർമ്മക്കൊക്കെ കർമ്മത്തിന് കാരണമായിരിക്കുന്നതെല്ലാം വരും അത് കാരണമായി എടുത്തു സർവശരീരങ്ങൾക്കും മനുഷ്യ പശുപക്ഷാദി സർവശരീരങ്ങൾ കാര്യമോ ദേഹാദി സംഘാത ഫലം യേഷാം വാദന ഇതുവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് മീമാംസകര് സന്ധ്യന്മാർ ന്യായവൈശേഷികന്മാര് ബൗദ്ധന്മാര് ജൈനന്മാർ എന്നിവരുടെ സർവരീത് അംഗീകരിക്കുന്നുണ്ട് ഇതിനകാര്യ കാരണങ്ങളായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പുണ്യഭാവങ്ങൾ കാരണം ശരീരം കാര്യം അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ കഥ ആദി കാരണം ഹേതു ധർമാധർമാതി ഫലശില ദേഹാദി സംഘാത കാരണമാണ് ശരീരമാകുന്ന ഫലത്തിന് ഏവം ഹേതുഫലയോരി ഇതരേതര കാര്യകാരണത്വേന ആദിമത്വം പ്രവത്ഭിരേവ ഹേതുഹോ ഫലശില അനാദിത്വം കഥം തേരുക ഇവിടെ ഒരു ചോദ്യം വരും എല്ലാവർക്കും ഉത്തരം പറയാൻ പ്രയാസമുള്ളൊരു ചോദ്യമാണ് പുണ്യപാപങ്ങളിൽ നിന്ന് നിങ്ങൾ ശരീരം ഉണ്ടായി എന്ന് പറയുന്നെങ്കിൽ ആ പുണ്യപാപങ്ങൾ ഏതിൽ നിന്നുണ്ടായി വീണ്ടും അതിന് കാരണമായി ശരീരത്തെ തന്നെ പറയേണ്ടി ശരീരം ഉണ്ടായി ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവന് രാഗദ്വേഷങ്ങളുണ്ടായി അവൻ കർമ്മങ്ങൾ ചെയ്തു ധർമാധർമ്മങ്ങൾ അനുഷ്ഠിച്ചു അതിൽ നിന്ന് പുണ്യപാപങ്ങളുണ്ടായി അത് വീണ്ടും അടുത്ത ശരീരത്തിന് കാരണമായി തീർന്നു ഇങ്ങനെ പറഞ്ഞു പോകും അങ്ങനെ പോവുകയാണെങ്കിൽ ചോദിക്കും പഴയ ചോദ്യം ആദ്യം എന്ത് കോഴിയാണോ ഉണ്ടായത് അതേ മുട്ടയാണോ ഉണ്ടായത് ആദ്യ ശരീരമാണോ ഉണ്ടായത് അതേ പുണ്യപാപമാണോ ഉണ്ടായത് അപ്പൊ അതിന് ഉത്തരം പറയാൻ കഴിയത്തില്ല കാരണം അതിനൊരു തുടക്കം പറയുന്നു ആദ്യം ഇന്നതുണ്ടായി ആദ്യം പറയാണ് ശരീരമാണ് ഉണ്ടായെങ്കിൽ പറയേണ്ടി വരും പുണ്യപാവങ്ങളില്ലാതെ ശരീരം ഉണ്ടായി എന്ന് സമ്മതിച്ചാൽ പിന്നീട് ബാക്കിയുള്ള ശരീരങ്ങൾക്കും പുണ്യപാപങ്ങളുടെ ആവശ്യമില്ല അല്ല പറയാണ് ആദ്യം ഉണ്ടായത് പുണ്യപാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ ശരീരമില്ലാതെ തന്നെ പുണ്യപാപങ്ങളുണ്ടായി പുണ്യപാപങ്ങൾക്ക് ശരീരം ആവശ്യമില്ല എന്ന് പറയേണ്ടി വരും അപ്പൊ അത് ഇതിനൊരു തുടക്കം പറയാൻ കഴിയാത്തതുകൊണ്ട് എന്ത്യുന്നു ഇത് അനാദിയാണെന്ന് പറയുന്നു ഈ ഒരു കാര്യകാരണഭാവം അനാദിയാണ് ഇവിടെ അജാതവാദത്തിൽ എന്താണ് ചെയ്യുന്നത് ചില ഭൗതികവാദികളും മറ്റും പറയുന്നത് പോലെ ഭൗതികവാദത്തിൽ പറയുന്ന എന്താണോ ഈ കാര്യകാരണ ശൃംഖല ഇത് ഒരു പരിധിവരെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അതിനപ്പുറം കാര്യകാരണഭാവം ഇല്ലെന്നോ കാര്യകാരണം ഒരു ശൃംഖലയായി നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഇതിനൊരു പരമകാരണത്തെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭൗതികവാദികളിൽ ചിലർ പറയുന്നത് അത് തന്നെയാണ് ഇവിടെ അജാതവാദത്തിനും പറയുന്നത് എന്താണ് പറയുന്നത് ഇതിനെ അനാദിയായി സ്വീകരിക്കണമെന്ന് നിങ്ങൾ പറയുന്നു ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ട് അനാദി എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം ഇല്ല ആദ്യം വന്നു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് തുടങ്ങണം ഒന്നിൽ ഫലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹേതുവിൽ നിന്ന് തുടങ്ങണം അതിന് ആദ്യേ ഇല്ലെങ്കിൽ തുടക്കമില്ലെങ്കിൽ ഫലത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറയും പോലെ അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ വയ്യ ആദ്യം ഏത് തുടങ്ങി എന്നറിയാൻ വയ്യ ആദ്യം കോഴിയാണോ അതേ യാണോ അതറിയാൻ വയ്യ അതിന് സമമാണ് അനാദി എന്ന് പറയുന്നത് അനാദി എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിന് രക്ഷപ്പെടാൻ പറ്റും ഫലത്തിൽ അതറിയില്ല എന്നുള്ളത് അല്ലെങ്കിൽ അനാദി എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം അതിന് തുടക്കമില്ല എന്നാണ് പക്ഷേ ഇവിടെ തുടക്കം കാണുന്നുണ്ട് ഇവിടെ എന്താണ് ഓന്നിൽ നിന്നും മറ്റൊന്നും ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അനാദി എന്ന് പറഞ്ഞാലോ അത് ശരിയാവത്തില്ല കാരണം എന്തുകൊണ്ട് ഭാഷകാരൻ പറയുന്നു ഇവിടെ ആദ്യ കാണുന്നുണ്ട് ആദ്യമുള്ള ഒന്നിനെ നിങ്ങൾക്കിങ്ങനെ അനാദി എന്ന് പറയാൻ പറ്റും കാരണം ഇവിടെ ശരീരം അതാദ്യുള്ളതായി കാണും പുണ്യപാപങ്ങൾ ആദ്യമുള്ളതായി കാണും ഇവിടെ പറയുന്ന കാര്യവും കാരണവും ആദ്യമുള്ളതാണെങ്കിൽ ഇതിന് അനാദി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് അർത്ഥമില്ലാത്ത ഒരു പ്രയോഗമാണെന്നാണ് േതു ഫലയോരിതരേതര കാര്യകാരണത്തെയല്ല നിങ്ങളിതിനെ പരസ്പരം കാര്യകാരണമായി പറയുന്നുണ്ട് ശരീരത്തിൽ നിന്ന് പുണ്യപാവങ്ങൾ പുണ്യപാവങ്ങളിൽ നിന്ന് ശരീരം ഇങ്ങനെ പരസ്പരം കാര്യകാരണം പറയുന്നുണ്ട് നമ്മൾ പ്രത്യക്ഷമായി കാണുന്നു എന്താണ് വൃക്ഷത്തിൽ നിന്ന് ബീജം ആ ബീജത്തിൽ നിന്ന് വീണ്ടും വൃക്ഷം ഇപ്പോൾ ആദ്യം കാണുന്നുണ്ട് ഓരോന്നിനും ആദിമത്വം ബ്രോദ്ധിരേവ ഹേതുഹോ അനാദിത്വം കഥം തേരുവ പറഞ്ഞത് ഇത് പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുകയെ ഇതിന് ആദിയില്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും ഇതേതോ ഒരു അനാദിയിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്നതും എങ്ങനെന്ന് പറയാൻ പറ്റും വിപ്രതിഷിദ്ധം ഇത് വിരുദ്ധമായ കാര്യമാണ് ഒരു തരത്തിൽ നിങ്ങൾ പറയുന്നു വൃക്ഷത്തിൽ നിന്ന് ഫലമുണ്ടായി ഫലത്തിൽ നിന്ന് വിഷമമുണ്ടായി എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇതെല്ലാം അനാദിയാണ് ആദിയുള്ളതിന് അനാദി എന്ന് പറയുന്നത് വിപ്രതിഷിദ്ധമാണ് പരസ്പര വിരുദ്ധമായ കാര്യമാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണഭാവത്തെ അംഗീകരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രത്യക്ഷമായി ഇവിടെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല അതാണ് പറഞ്ഞു വരുന്നത് ആത്മനോത്മതാ സംഭവ ഇവിടെ പറയുന്നത് എന്താണ് പരമാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ തുരിയൻ തുര്യനിൽ അന്യമായിട്ട് മറ്റൊന്നുമില്ല തുര്യനെ കുറിച്ച് പറയുന്നു അത് നിത്യമാണ് കൂടസ്ഥമാണ് വികാരഹിതനാണ് അതാണ് ആത്മാവ് അതാണ് നിന്റെ വാസ്തവ സ്വരൂപം നിർവീകാരമായിരിക്കുന്ന നിന്നിൽ എങ്ങനെ ഈ കാര്യകാരണഭാവം വരും നിന്നിലെങ്ങനെ ഇതെല്ലാം അനാദിയായി നിലനിൽക്കും അതുകൊണ്ട് ഈ അനാദിവാദം അത് അബദ്ധമാണ് കാര്യകാരണ കൽപ്പന പ്രപഞ്ചത്തിലുള്ള അതും അബദ്ധമാണ് പരമാർത്ഥത്തിൽ നിർവികാരിയായ ആത്മാവാദം മാത്രമാണ് സത്യം ബാക്കി കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ആരോപിതമാണ് കൽപ്പിതമാണ് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്നാണ് പറഞ്ഞു വരുന്നത് േോരാദിഫലം ആദർതുഫല താദ്യൃയഥ കഥം തം അഭ്യുപമ്യതലൈ പ്രപഞ്ചത്തിൽ സ്ഥായ സ്ഥിരമായ ഒരു കാര്യകാരണ ബന്ധത്തെ നിങ്ങൾ കണ്ടുപിടിക്കുകയും പരമകാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ അത് അനാദിയാണെന്ന് പറയും ചെയ്യുന്നത് എന്താണോ അത് വിഡിത്തവണമാണ് അത് നിങ്ങൾ പറയുന്നത് പരസ്പരവിരുദ്ധമായൊരു കാര്യമാണ് ഉച്ച ജന്യാ ദൈവ ഫല ഹേതോർ ജന്മ അഭ്യമങ്കച്ചതാം ഈദൃശോ വിരോധുക്തോ ഭൗതിയഥ പുത്ര നിങ്ങൾ പറയുന്നത് എന്താണോ വൃക്ഷത്തിൽ നിന്ന് ബീജമുണ്ടാകുന്നു ബീജത്തിൽ നിന്ന് വീണ്ടും വൃക്ഷം ഉണ്ടാകുന്നു എന്നാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യം എന്താണ് പിതാവിൽ നിന്ന് പുത്രനുണ്ടായി ആ പുത്രനിൽ നിന്ന് വീണ്ടും പിതാവ് ഉണ്ടായി എന്ന് പറയും പോലെയാണ് അങ്ങനെ ഒരു അസംബന്ധമാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ പറയുക എന്താ ും ബീജമുണ്ടായി ആ ബീജത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷമുണ്ടായി എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ചോദിക്കും ഇപ്പോ ഒരു വൃക്ഷത്തിൽ നിന്നും ബീജമുണ്ടായല്ലോ തിരിഞ്ഞ് ചിന്തിക്കാൻ പറയും ആ വൃക്ഷം എന്തായാലും വേറെ ഏതോ ഒരു ബീജത്തിൽ നിന്നാണല്ലോ ഉണ്ടായാലും അതേതാ ബീജം അത് ഇതിന് മുമ്പ് ഉണ്ടായാൽ മറ്റൊരു വൃക്ഷത്തിന്റെ ബീജമാണ് ഇപ്പോ പറകിലോട്ട് പോകേണ്ടി വരും അപ്പോ അന്യവൃക്ഷം അന്യബീജം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെവിടെ തുടങ്ങി ഉത്തരം പറയാൻ കഴിയാറുള്ളു അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് വൃക്ഷത്തിൽ നിന്ന് ബീജം ബീജത്തിൽ നിന്ന് വൃക്ഷം ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഇവക്ക് പരസ്പരം സ്ഥായിയായി ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കാര്യകാരണ ബന്ധം ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സൃഷ്ടിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ കഴിയത്തില്ല കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും കാരണത്തെ നിങ്ങൾ കണ്ടെത്തേണ്ടി വരും അത് കാണാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ വൃക്ഷത്തിൽ നിന്ന് ബീജം നിന്ന് വൃക്ഷം എന്നിങ്ങനെ പറഞ്ഞാൽ അത് പിതാവിൽ നിന്ന് പുത്രൻ പുത്രനിൽ നിന്ന് പിതാവ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ ഇതിനെവിടെയെങ്കിലും എത്തിച്ചറിഞ്ഞിട്ട് പറയണം ഇവിടെ ഇതിൽ നിന്ന് ഇത് തുടങ്ങി എന്ന് പറയേണ്ടി വരും അപ്പൊ ഈ കാര്യകാരണ ബന്ധം സൃഷ്ടിക്കാണുന്ന ഇത് അവ്യവസ്ഥിതമാണ് ഇതിൽ യുക്തിയില്ല അതുകൊണ്ട് കാര്യം പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല അതാണ് പറഞ്ഞു വരുന്നത് േോരാതിഫലം മാതർഹേഫല തധത്തെ പുത്രജന്മ പയഥ സേതുഫലവ്യക്രമസ്തയാ യുഗവത്ഭവേസ് യഥോക്തോ വിരോധോ നുക്തോഭ്യമഗന്ധമിതി ചേത് മന്യസേ സഭവേ ഹേതുഫലയോരുത്പത്തോ കമയിഷ്ടതയാ അന്വേഷ്യോ ഹേദ പൂർവം പശ്ചാംതി ഇവിടെ പറയുന്നു പിതാവിൽ നിന്നും പുത്രൻ ഉണ്ടായി പക്ഷെ പുത്രനിൽ നിന്നെന്തായാലും ആ പിതാവ് ഉണ്ടാകുന്നല്ലോ പുത്രനിൽ നിന്നും വേറൊരു പുത്രൻ ഉണ്ടാകുമ്പോൾ ആ പുത്രൻ പിതാവുന്ന വെച്ചാൽ ഇതിനൊരു ക്രമമുണ്ട് എന്ന് പറയും എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നാ പറയുന്നു അങ്ങനെ ഒരു സ്ഥായിയായ ഒരു ക്രമം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമോ ഈ സൃഷ്ടി പറ്റത്തില്ല എന്തുകൊണ്ട് ക്രമം സ്വീകരിക്കുന്നു ക്രമം സ്വീകരിച്ചില്ലെങ്കിൽ യുഗപത് സൃഷ്ടിയെ സ്വീകരിക്കേണ്ടി വരും പുത്രനും പിതാവും എല്ലാം ഒരുമിച്ചുണ്ടായി എന്ന് പറയേണ്ടി വരും ഒരുമിച്ചുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കായികാനുഭവം വരാതെ പോകും അതുകൊണ്ട് ക്രമത്തെ അംഗീകരിച്ചുകൊണ്ട് ചിന്തിച്ചാലും ക്രമത്തെ അംഗീകരിക്കുമ്പോരുന്നു ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു ബീജം ആ ബീജത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷം അങ്ങനെ ഒരു ക്രമം അത് സ്വീകരിക്കാവുന്നാണ് പറയുന്നത് അങ്ങനെ സ്വീകരിച്ച് ചിന്തിച്ചാലും ദോഷമുണ്ട് അക്രമത്തെ സ്വീകരിച്ചില്ലെങ്കിലും ദോഷമുണ്ട് അതാണ് ഇവിടെ പറയുന്നത് യഥോക്തോ വിരോധോ നയുക്തോ അഭിമുഖി ചെയ്യുന്ന മുമ്പ് പറഞ്ഞ വിരോധത്തെ സ്വീകരിക്കാൻ കഴിയില്ല എങ്കിൽ സംഭവേ ഹേതുഫലയോരുപത്തോ ക്രമയേഷിതീത്തുക ഉപത്തിയിൽ ക്രമത്തെ സ്വീകരിക്കേണ്ടി വരും ഹേതുഹോ പൂർവം പശ്ചാത്തലം ആദ്യം ഹേതുവിനെ സ്വീകരിക്കുക രണ്ടാമത് ഫലത്തെ സ്വീകരിക്കുക ആദ്യം ഒരു കാരണമുണ്ടായി പിന്നീടൊരു കാര്യമുണ്ടായി അതിൽ നിന്ന് പിന്നെ മറ്റൊരു കാരണമുണ്ടാകുന്നു അങ്ങനെ ഇതശയുഗത് സംഭവേ യസ്മാത് ഹേതുഫലയോ കാര്യകാരണത്വനാസംബന്ധ ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ടായെന്ന് പറയാനും നിവർത്തിയില്ല അപ്പോൾ ഇവിടെ കാര്യകാരണങ്ങൾക്ക് പരസ്പരം ബന്ധമില്ലാതെ വരും ഏതുപോലെ യഥായുഗപദ്ധ സവ്യതര ഗോവിഷാണയോ ഒരുമിച്ച് ഉണ്ടാകുന്ന രണ്ട് വസ്തുക്കൾക്ക് ഒരേ സമയവും കാര്യകാരണഭാവവും വരത്തില്ല ഉദാഹരണം പറയുന്നു പശുവിന്റെ കൊമ്പ് സവ്യതര ഇടത്തും വലത്തും വലത്തും ഇടത്തുമായിട്ട് രണ്ട് കൊമ്പ് അത് ഉണ്ടാകും ഒന്നും മറ്റൊന്നിന് കാരണമല്ല ഒരു കൊമ്പിൽ നിന്നല്ല മറ്റൊരു കൊമ്പുണ്ടാകും എന്തുകൊണ്ടാണ് അത് ഒരുമിച്ചുണ്ടായി ഓ സൃഷ്ടിയെ ഒരുമിച്ചാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യകാരണ ഭാവമേ ഇല്ലാത്തത് അങ്ങനെ ഒന്നു പിന്നെ നിങ്ങൾ സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഒരു കൊമ്പ് മറ്റൊരു കൊമ്പിന് കാരണമാകാത്തതുപോലെ ഒരു കാലത്ത് സർവവും ഒരുമിച്ച് സംഭവിച്ചു എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണഭാവം സ്വീകരിക്കാൻ പറ്റത്തില്ല ഇതിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യവുമില്ല പക്ഷെ ഇവിടെ കാര്യകാരണഭാവം കാണുന്നുണ്ട് അനുഭവത്തിനും ഇതല്ല ഒരുമിച്ചല്ല വൃക്ഷത്തിൽ നിന്ന് ബീജം ബീജത്തിൽ നിന്ന് വക്ഷം ഇതിങ്ങനെ ക്രമമായിട്ടാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ക്രമസൃഷ്ടി സ്വീകരിച്ചുകൊണ്ടാണ് ഇതിൽ കാര്യകാരണഭാവം സംഭവിക്കും അദ്വൈതത്തിൽ യുഗപത് സൃഷ്ടിയെ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ദോഷമില്ല എന്തുകൊണ്ട് യുഗപത് സൃഷ്ടി സംഭവിക്കാം സൃഷ്ടി പരമാർത്ഥമല്ലെങ്കിൽ സ്വപ്നത്തിൽ സംഭവിക്കുന്നത് സ്വപ്നത്തിന് സൃഷ്ടി യുഗപത് സംഭവിക്കുന്നു സ്വപ്നം പ്രകടമാകുമ്പോൾ എല്ലാം ഒരുമിച്ച് പ്രകടമാണ് അതിനകത്ത് കാര്യമോ കാരണമോ എല്ലാം സംഭവിക്കാം പക്ഷേ എല്ലാം യുഗപത്ത് അസംഭവിക്കും സൃഷ്ടി അവാസ്തവമാണെങ്കിൽ യുഗപത് സൃഷ്ടിയെ സ്വീകരിക്കും സൃഷ്ടി വാസ്തവമാണ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ക്രമമൊന്നും സ്വീകരിക്കാനും പറ്റത്തില്ല യുഗപത്തൊന്ന് സ്വീകരിക്കാനും പറ്റത്തില്ല അതാണുള്ള പറഞ്ഞു തരുന്നത് അത് പരമാർത്ഥമല്ലെന്ന് തന്നെ സ്വീകരിക്കും ഇവിടെ ചർച്ച ചെയ്യുന്നതിന്റെ താല്പര്യം ഇതാണ് ഈ സൃഷ്ടി പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്ന ഒരുവന് മാത്രമേ ഈ സൃഷ്ടിയിൽ നിന്ന് മോക്ഷമുള്ളൂ മോചനമുള്ളൂ അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം അതാണ് ഉദ്ദേശം അതാണ് ഇത് പരമാർത്ഥമാണെന്നൊരാൾ ധരിച്ചാൽ അയാൾക്കൊരിക്കലും ഇതിൽ നിന്നും മോചനമില്ല മുക്തി സാധ്യമില്ല ഗുരുവും കരുതണെന്താണ് സൃഷ്ടിയുടെ തത്വം ഞാൻ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇതിൽ നിന്ന് മുക്തനായി എന്ന് കരുതിയാലും ആ മുക്തി ആത്യന്തികമായിരിക്കത്തില്ല താത്കാലികമായിരിക്കും സംഘന്മാരും ന്യായവൈശേഷികന്മാരുമെല്ലാം സൃഷ്ടിയെ പരമാർത്ഥമായി കാണുന്നു മുക്തി അവരംഗീകരിക്കുന്നു അവരും പറയുന്നെന്താണ് തത്വവിചാരം കൊണ്ട് വിവേകം കൊണ്ട് ഈ സൃഷ്ടിയിൽ നിന്ന് ഞങ്ങൾ മുക്തരാകുന്നു എന്ന് വിചാരിക്കുന്നു വാസ്തവത്തിൽ മുക്തി എന്ന് പറയുന്നത് സൃഷ്ടിയിൽ നിന്നുള്ള മുക്തിയാണ് അല്ല ഇവിടെ മറ്റു നിന്നും ആത്മാവ് നിത്യമുക്തമാണ് അതിനാണ് ബന്ധനം സംഭവിച്ചിരിക്കുന്നത് ബന്ധന സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത് അപ്പൊ മോചനം സൃഷ്ടിയിൽ നിന്ന് സംഭവിക്കും അപ്പൊ സൃഷ്ടി സത്യമാണെന്ന് കരുതി അതിൽ മോചനത്തെക്കുറിച്ച് പറയുന്നവരാണ് ധൈര്യങ്ങൾ അവരുടെ ആ മോചനം താത്കാലികമാണ് കാരണം സൃഷ്ടി അവരെ എന്നായാലും വീണ്ടും ബന്ധിക്കും കാരണം സൃഷ്ടി സത്യമാണെങ്കിൽ അതൊന്ന് മോചിച്ചാലും വീണ്ടും കാലമുണ്ട് ദേശമുണ്ട് സാധ്യതകളുണ്ട് അവസരങ്ങളുണ്ട് വീണ്ടും അതിനവനും ബന്ധിക്കാം അവന്റെ സൃഷ്ടിയെ സത്യമായി കരുതുകയും മോക്ഷത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് അസംബന്ധമാണ് എന്ന് ശങ്കരാചാര്യർ തന്നെ ഈ സൃഷ്ടി പരമാർത്ഥമല്ലാന്ന് എന്തിനു പറയുന്നു നിത്യനിരതിശയമാണ് മോക്ഷം എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് മോക്ഷം ആത്യന്തികമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ആത്യന്തികമായൊരു മോക്ഷത്തെ കുറിച്ച് സങ്കല്പിക്കണമെങ്കിൽ ഈ പ്രപഞ്ചം അസത്യമായാലേ പറ്റൂ അതുകൊണ്ട് കക്ഷികാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും എന്താണ് മോക്ഷം ശാശ്വതമാണോ നിത്യമാണോ പ്രപഞ്ചം അസത്തായി തന്നെ സത്യമായ പ്രപഞ്ചവും സത്യമായ മോക്ഷവും അത് സാധിക്കില്ല പ്രപഞ്ചത്തിന്റെ സ്വഭാവം ബന്ധിക്കുക എന്നുള്ളതാണ് ആ സ്വഭാവം പറഞ്ഞല്ലോ പ്രകൃതി പോലും അതിന്റെ സ്വഭാവത്തെ വിടുന്നില്ല പ്രപഞ്ചത്തിന്റെ സ്വഭാവം ബന്ധിക്കുക ആ പ്രപഞ്ചത്തെ സത്യമായി തന്നെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ ആ ബന്ധനവും സത്യമായിരിക്കും അപ്പം മോചനം താത്കാലികമായി സംഭവിക്കത്തുള്ളൂ നിത്യമുക്തി എന്നുള്ളത് അസംഭവമായി തീരും അതുകൊണ്ട് ആ പ്രപഞ്ചം അസത്യമായി തന്നെ തീരും അല്ലെങ്കിൽ പ്രപഞ്ചം അസത്യമെന്ന് ബോധ്യപ്പെടും പ്രപഞ്ചം അസത്യമെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അയാൾ താൻ ത്രികാലത്തിനും മുക്തനായിരുന്നു എന്ന് ബോധിക്കത്തുള്ളൂ ആ മുക്തി ത്രികാലത്തിന് ഭൂതവർത്തമാന ഭാവി മൂന്ന് കാലത്തിലും താൻ മുക്തനായിരുന്നു എന്ന് ബോധിക്കാൻ അതുകൊണ്ടേ കഴിയത്തുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് ആ പ്രപഞ്ചത്തിന്റെ അസത്യത്തെ ബോധ്യപ്പെടുത്തുന്നത് അല്ലാതെ നമ്മൾക്ക് സത്യമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ അസത്യമാണെന്ന് യുക്തി കൊണ്ട് സമ്മർദ്ദിച്ചിട്ട് ഇവിടെ വേറെന്നും നേടാൻ യുക്തി കൊണ്ട് സമ്മർദ്ദിച്ചാൽ സത്യമായി തന്നെ പ്രതീതമാകുന്ന ഈ പ്രപഞ്ചത്തെ മുക്തിക്ക് വേണ്ടിയല്ലാതെ അസത്യമൊന്ന് സമർത്ഥിക്കുന്നുണ്ട് പ്രയോജനമൊന്നും നമ്മൾ പ്രപഞ്ചം മിഥിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്താണ് പ്രപഞ്ചത്തെ മിഥിയാണെന്ന് നമ്മളെ ധരിപ്പിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് എന്തോ ഒരു പുതിയ സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണെന്നാണ് അങ്ങനെയല്ല പ്രപഞ്ചം മിഥ്യയാണെന്ന് ധരിപ്പിച്ചിട്ട് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ വെളിപ്പെടുത്താനില്ല പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ നേടാനുമില്ല ആത്മമോക്ഷം അത് ആത്മാവിന്റെ നിത്യമായ മോക്ഷം ഒരാൾക്ക് അനുഭൂതമാകണമെങ്കിൽ ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് അനുഭവപ്പെട്ടേ മതിയാവും അതുകൊണ്ട് പറയും അദ്വൈത സിദ്ധി പ്രപഞ്ചമിഥ്യാത്വപൂർവ്വകമാണ് എന്നാണ് അദ്വൈതാചാര്യന്മാർ പറയുന്നത് അതല്ലാതെ സാധ്യമല്ല അങ്ങനെ അദ്വൈതസിദ്ധമായാലേ മോക്ഷം നിത്യമോക്ഷം അതൊന്ന് സംഭവിക്കത്തുള്ളൂ അതുകൊണ്ട് പല പല യുക്തികളിലൂടെ അതിനെ ആരോടെ ഈ പ്രപഞ്ചം സത്യമാണെന്ന് കരുതുന്നവരും അതുകൊണ്ട് ഈ ചർച്ചയിങ്ങനെ വിപുലമായി പോവും അവസാനിക്കാതെ പോകും സംഭവേ ഹേതുഫലയോഷവ്യക്രമസ്ഥയാ യുഗപദ് സംഭവേ യസ്മാ Asambandho അസമ്പോ വിഷാണവത് ഫലുത്പാദ്യമാന സേ ഹേദ പ്രസിദ്ധ്യതി അപ്രസിദ്ധ കഥം ഹേതു ഫലം ഉത്പാദയതി കഥം അസമ്പഹ യുഗപത്സൃഷ്ടി സ്വീകരിച്ച കാര്യകാരണങ്ങളെല്ലാം ഒരേ സമയം പ്രകടമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പറഞ്ഞു കാര്യകാരണങ്ങൾക്ക് പരസ്പര ബന്ധമില്ലാതെ പോകും ഇതിന്നതിൻ്റെ കാരണം ഇതിന്നതിൻ്റെ ഫലം എന്ന് നമുക്ക് വേറെ തിരിച്ചറിയാൻ കഴിയാതെ പോകും എന്നാണ് എന്തുകൊണ്ട് ജന്യാസതോ അലബ്ധാത്മകാൽ ഫലാൽ ഉത്പദ്മാനഹസൻ ശശ്യവിഷാണാദേരിവ അസദോനഹേതുപ്രസിദ്ധിയെ ജന്മനെ ഒരു വസ്തു ഉൽപ്പന്നമാകുമ്പോൾ എന്തായാലും ഉൽപ്പം ഉള്ളതുൽപ്പന്നമാകേണ്ട കാര്യമില്ല ഇല്ലാതിരുന്നതാണ് ഉൽപ്പന്നമാകുന്നത് സ്വയം അസത്തായിരിക്കുന്ന ഒന്ന് അതിനാണ് നമ്മൾ ഉൽപ്പന്നമാകുന്നു എന്ന് പറയുന്നത് അതിനാണ് ഫലമെന്ന് പറയുന്നത് വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ബീജത്തെ തന്നെ എടുക്കാം വൃക്ഷമുണ്ടായി ആ വിഷത്തിൽ നമ്മൾ ബീജത്ത് കാണുന്നില്ല കാലം കൊണ്ട് വൃക്ഷത്തിൽ നിന്ന് ബീജമുണ്ടാവും അപ്പൊ അസത്തായിരുന്ന ബീജം ഉണ്ടായി അത് പിന്നെ കാരണമാകുന്നു എന്നാണ് പറയുന്നു അത് കാരണമായി തീർന്ന് അതിൽ നിന്ന് വീണ്ടും വിഷമുണ്ടാവും ആ വിഷം എങ്ങനെ അസത്തായ വിഷമുണ്ടാകും ഇല്ലാതിരുന്ന വിഷമുണ്ടാവും എന്ന് പറയുമ്പോൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒന്നാണ് ഈ അസത്തിൽ നിന്നാണ് ഇല്ലായ്മയിൽ നിന്നാണ് എല്ലാ സൃഷ്ടി ഒന്ന് സ്വീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ശേഷഭിഷാണത്തിൽ നിന്ന് ഒരു ഫലമുണ്ടായി അത് മറ്റൊന്നിനു ഹേതുവായി തീർന്നു എന്നെല്ലാം സ്വീകരിക്കുന്നത് പോലായി തീരും ചിന്തിച്ചു നോക്കുമ്പോൾ അസത്തിൽ നിന്ന് സൃഷ്ടിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ജന്യസോ അലബ്ധാത്മത ഫലം ജന്യമാകുന്നു എന്ന് പറഞ്ഞാൽ അത് മുമ്പില്ലാതിരുന്നാണ് ഉള്ളതുണ്ടായി എന്ന് പറയത്തില്ലല്ലോ അങ്ങനെയുള്ള ഫല ഉത്പത്തിനഹസൻ ശശവിഷാണേരി അങ്ങനെ അസത്തിൽ നിന്നുണ്ടായോ ഒന്ന് ഹേതുവായി തീരുക മറ്റൊന്നിന് കാരണമായി തീരുക എന്ന് പറഞ്ഞാൽ ശശവിഷാണത്തിൽ നിന്ന് മറ്റൊന്നുണ്ടാകുക എന്നുള്ളത് പോലെയാണ് ജന്മലഭത അങ്ങനെ ചിന്തിക്കുമ്പോൾ അസത്തു നിന്ന് ഒന്നിന്റെ ഉത്പത്തി ഉത്പന്നമായത് മറ്റൊന്നിന്റെ കാരണം കൈത്തീരുക ഇതൊന്നും സംഭവിക്കത്തില്ല അലബ്ധാത്മകോ അസിദ്ധസ്ഥൻ ശശവിഷാണാദി കൽപ്പഹ തവ കഥം ഫലമുത്പാദയിശിയും അസത്തായിരിക്കുന്ന ശശവിഷാണാദിയെയും പോലിരിക്കുന്ന ഒന്ന് ഫലത്തെ ഉണ്ടാക്കും ഇതരേതര അപേക്ഷസിദ്ധയോ ശശവിഷാണാദികൽപ്പയോകാരണഭാവേന സംബന്ധ ക്വചരസ്പിരിക്കുന്നത് പരസ്പരം അപേക്ഷിച്ചിരിക്കുന്ന സാപേക്ഷമായിരിക്കുന്നവയാണ് നിങ്ങൾ കാര്യകാരണങ്ങളെന്ന് പറയുന്നത് കാര്യകാരണ സംബന്ധം ഇവയിൽ പറയുന്നു പരസ്പരം അപേക്ഷിക്കുന്നെങ്ങനെ വൃക്ഷത്തിൽ നിന്ന് ബീജം അടുത്ത വിക്ഷം അതേ ബീജത്തെ തന്നെ അപേക്ഷിക്കുന്നു കാര്യത്തെ അപേക്ഷിച്ച് കാരണം വരുന്നു ആ കാരണത്തെ അപേക്ഷിച്ച് വീണ്ടും കാര്യം വരുന്നു ഇതാണ് പരസ്പര അപേക്ഷ ആ പരസ്പര അപേക്ഷ എന്തുകൊണ്ട് നിലനിൽക്കുന്നു ഇതിന്റെ ആദ്യം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെക്കുറിച്ച് അന്വേഷിക്കുന്ന എല്ലാവർക്കും അത് ഭൗതികമായിട്ടായാലും ശരി ആധ്യാത്മികമായിട്ടായാലും ശരി അവർക്ക് അവരുടെ മുമ്പിൽ പ്രഹീണിക വരുക ഏതിനെങ്കിലും ഒന്നിനെ നിങ്ങൾ തുടക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും അതെങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണെങ്കിൽ തുടക്കമില്ലെന്നായി തുടക്കമില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യകാരണ ബന്ധം ശരിയല്ല കാര്യകാരണ ബന്ധം നിങ്ങൾക്ക് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കും കാര്യകാരണ ബന്ധത്തിലുള്ള ദോഷമെന്താണോ ഒരു കാരണം കൂടിയേ തീരും എവിടെയാണോ നിങ്ങളുടെ അന്വേഷണം അവസാനിക്കുന്നത് അവിടെയും വീണ്ടും കാരണത്തെ അപേക്ഷിക്കും നമ്മൾ പിന്നെ അന്വേഷണം അവിടെ അവസാനിക്കത്തില്ല ഞങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചു പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അതിനെന്ത് കാരണമെന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കും അപ്പോ മനുഷ്യന് അവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ കാലദേശ പരിമിതികൾക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ കാര്യകാരണ അന്വേഷണത്തിൽ നിന്ന് അവന് മോചിക്കാൻ പറ്റത്തില്ല മോചിതനാകാൻ കഴിയത്തില്ല സ്വയം കാരണം എവിടെയും കാരണത്തെ സംബന്ധിച്ചുള്ള ചോദ്യം വരും ഇത് അവസാനമെന്ന് പറയാൻ പറ്റത്തില്ല ഇത് അവസാനം എന്ന് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദ്യം വരും പിന്നെ ഈ കാണുന്നത് തന്നെ അവസാനം ഇവിടെ തന്നെ നന്നാൽ മതിയായിരുന്നല്ലോ എന്തിനും പിന്നിലോട്ട് പോയി ഈ നിൽക്കുന്നിടത്ത് നിന്ന് പിന്നിലോട്ട് പോകുന്ന എന്തിനു കാരണ അന്വേഷണത്തിനാണ് എവിടെയെങ്കിലും ചെന്നിട്ട് ആ കാരണ അന്വേഷണം അവസാനിപ്പിക്കാൻ പറ്റും ഇല്ല കാരണം അവിടെയും ആ ചോദ്യം വരും ബുദ്ധിയുള്ളിടത്തോളം ആ ചോദ്യം തരും അതുകൊണ്ട് പറയുന്നത് എന്താണ് ഈ കാര്യകാരണഭാവേനുള്ള ഈ സംബന്ധം ഒരിടത്തും നിങ്ങൾക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ല ഇനി പറയുകയാണ് അങ്ങനെ ഒരു കാര്യകാരണഭാവത്തെ നമ്മൾ ശൂന്യതയിൽ അവസാനിപ്പിക്കുകയാണ് അസത്തിൽ ഇതേതോ ഒരു ഇല്ലായ്മയിൽ നിന്ന് തുടക്കം എന്നാണെങ്കിലും ഇവിടെ ഇല്ലായ്മയിൽ നിന്ന് വസ്തുക്കൾ ഉണ്ടാകണം അതാ പറയുന്നത് വിശേഷഭിഷാണത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകണം ആകാശകുസുമെന്ന് പറയുന്നു അങ്ങനെയൊന്നുമില്ല അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകണം അതിവിടെ സംഭവിക്കുന്നില്ലല്ലോ ഇത് അഞ്ചുസ്വാമികൾ പലയിടത്തും പറയുന്നു കാര്യകാരണ ബന്ധത്തിൽ നിൽക്കുമ്പോൾ ഒരു പരിധിവരെ അംഗീകരിക്കേണ്ടി തന്നെ വരും പക്ഷെ അതും ആത്യന്തികമായ സമാധാനമല്ല കാരണം കാരണ അന്വേഷണത്തെ ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റത്തില്ല അനുബസ്താദോഷങ്ങൾ ഒരേ ഒരു വഴിയെന്നൂരിൽ നിന്ന് എന്താണ് ഇതെല്ലാം ശുദ്ധശൂന്യത്തിൽ നിന്നും ഒരു ഇല്ലായ്മയിൽ ഇങ്ങനെ വന്നു എന്ന് വന്ന് ആ ശൂന്യത ഇപ്പം ഇവിടെ മുമ്പിലുണ്ട് സർവത്രം ഇതിൽ ഒന്നും പ്രകടമാകുന്നില്ല എന്തുകൊണ്ട് വിത്ത് വൃക്ഷത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു മറ്റൊന്നിൽ നിന്നെന്തുകൊണ്ടുണ്ടാകുന്നില്ല കാരണം വിക്ഷമൊഴികെ ബാക്കി എല്ലായിടത്തും ആ വിത്തിന്റെ ശൂന്യതയുണ്ട് അവിടെ നിന്നല്ല എന്തുകൊണ്ട് അവിത്ത് ഉണ്ടാകുന്നില്ല മിക്ഷത്തെ തന്നെ എന്തുകൊണ്ട് ആശ്രയിക്കും എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും കാലകാരണ ബന്ധത്തെ സംബന്ധിച്ച് അവസാന വാക്ക് ആർക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ കാര്യകാരണ ചിന്ത ഇത് പരമാർത്ഥമെന്ന് കരുതി തുടരാൻ പറ്റത്തില്ല പിന്നെ ഇത് പരമാർത്ഥമല്ല കൽപ്പിതമാണ് അവാസ്തവമാണെന്ന് കരുതിയാൽ പിന്നെ അവിടെയാകാം അവാസ്തവമായ ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണ ബന്ധങ്ങളോ നമ്മൾ കണ്ടുപിടിക്കുകയോ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ എന്ത് വേണോ അവ പക്ഷെ ആദ്യം നിസ്വീകരിക്കണോ എന്താണ് ഇത് പരമാർത്ഥമല്ല ഇത് പരമാർത്ഥമെല്ലാം വന്നുകഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് അദ്വൈതത്തിലാണ് അതാണ് ഇവിടെ പറയുന്നത് ഫലാസൻതുപ്രസിദ്ധ്യതി അപ്രസിദ്ധ കഥം ഹേതു ഫലം ഉത്പാദയിഷ്യതി യുഹേഫല ഫലസിദ്ധിശേതുതലൂരനിഷ്പന്നിദ്ധിരപേക്ഷയാ അസമ്പ ദോഷേണ അപ്പോോതിരെ വിഹേഫല കാര്യകാരണഭാവേ അന്യോന്യസിനിഷ്പന്നംയോർ യു പശ്ചാത്താവിനസി അപേക്ഷയാ തദ്ഹി കാര്യകാരണ ശൃംഖലയെ അംഗീകരിക്കാൻ വയ്യാത്തുകൊണ്ടാണോ ഇത് തമ്മിലുള്ള പരസ്പര ബന്ധത്തോറപ്പിക്കാൻ കഴിയുന്നത് ഇത് തമ്മിലൊരു സ്ഥിരമായ ബന്ധം ചെയ്യുക ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടു സത്യമാണെന്ന് വരും ഇന്ന കാരണത്തിൽ നിന്ന് ഇന്ന കാര്യം അങ്ങനെ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല കാരണം അസംബന്ധത ദോഷവും അസംബന്ധതാ ദോഷവും ദത്താൻ കഴിയുന്നില്ല ഇന്ന കാരണത്തിൽ നിന്ന് ഇന്ന കാര്യം കാരണം അത് അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ ബന്ധം നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകുന്നതാണ് കാര്യകാലങ്ങളിലേക്ക് പിന്നിലേക്ക് പിന്നിലേക്ക് ചെല്ലുമ്പോൾ എവിടെയോ വെച്ച് ഈ ബന്ധം മുറിഞ്ഞു പോകും എവിടെയെങ്കിലും ചെന്നിട്ട് ഇത് കാര്യം ഇതിനപ്പുറം കണ്ടെത്താൻ ഇത് കാരണം ഇതിനപ്പുറം പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു നിർത്തേണ്ടി വരുന്നതാണ് അസംബന്ധതാ ദോഷം ഈ കാര്യകാരണത്തെ അന്വേഷിക്കുന്ന ആർക്കും ഇങ്ങനെ ഒരു ദോഷത്തിൽ ചെന്നെത്തി നിക്കേണ്ടി വരും ഹേതുഫലയോരന്യോന്യസിദ്ധി അഭ്യു പിന്നെ നിവൃത്തിയില്ലാത്തവരൊന്നും പ്രത്യക്ഷമായി കാണുന്നില്ലേ വൃക്ഷത്തിൽ നിന്ന് ഫലം ഫലത്തിൽ നിന്ന് വൃക്ഷം അപ്പൊ ഇതിങ്ങനെ പരസ്പര സാപേക്ഷമായി നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും അങ്ങനെ കാണുന്നുണ്ട് വൃക്ഷത്തെ അപേക്ഷിച്ച് വിത്ത് വരുന്നു വിത്തിനെ അപേക്ഷിച്ച് വിക്ഷം വരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാലും കതിര പൂർവ നിഷ്പന്നം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത ഈ വിക്ഷവും വിത്തും ഇതിൽ ഏതാണ് ആദ്യമുണ്ടായത് എസ് കെ പശ്ചാത്താവിനുസൃതി ആദ്യമൊന്നുണ്ടായാലേ അടുത്തതുണ്ടാവും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇത് ആദ്യം ഇവിടെ ഇന്നതുണ്ടായി എന്നീ പ്രകൃതിയിൽ നിങ്ങൾക്ക് നിർണയിക്കാൻ കഴിയുന്നില്ല പൂർവ്വസിദ്ധമായ കാരണത്തെ അപേക്ഷിച്ച് പശ്ചാത്തലം ഇങ്ങനെ ഒരു കാര്യമുണ്ടായി അത് പറയാൻ കഴിയുന്നില്ല കഴിയുമെങ്കിൽ പറയുക അനാദി എന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് ദോഷമുണ്ട് കാരണം ഇത് ഓരോന്നിനും ആദിയുണ്ട് പിന്നെ നിങ്ങൾ ഏതിനെ അനാദി എന്ന് പറയും ഇനി അനാദി എന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ അനവസ്ഥ ദോഷം നിങ്ങൾ ഒരിടത്തും എത്തിയില്ല എന്നറി കാര്യകാരണത്തെ സംബന്ധിച്ച് ഒരു നിർണ്ണയത്തിലെത്താമെന്ന് കഴിഞ്ഞില്ല അതുകൊണ്ട് പറയുന്നത് അനാദിയാണ് അതുകൊണ്ട് അനാദിവാദം ശരിയല്ല അതുകൊണ്ട് തന്നെ എന്താണ് ഈ ശൃംഖലയുടെ പൂർവം പശ്ചാത്തലം എന്ന് ഒന്നിനെ നിർണ്ണയിക്കാൻ പറ്റില്ല അത് പറയാമോ എന്നാണ് ചോദിക്കുന്നത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ങ്ങനെ വാസ്തവത്തിലുള്ള കാര്യകാരണ ബന്ധം ഇല്ല എന്ന് സ്വീകരിക്കേണ്ടി വരും പൂർവനിഷ്പന്നം യിരപേക്ഷയാ അശക്തിരപരിജ്ഞാനം ക്രമകോബോധവാപുന ഏവം ഹി സർവുദ്ധൈർ അജാതി പരിദീപിത എന്തുകൊണ്ട് അജാതിയെ സ്വീകരിക്കുന്നു അതിന് സമാനം വരുന്നു അത് ഏതൊന്ന് ശക്തിയെ ഭക്തിയിലെ മനസ്സ് സ്വയം അശക്തി അപരിജ്ഞാനം തത്വ വേഗോ മൂഢത ഇതിനും നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കതരത് പൂർവനിഷ്പന്നം അതാണ് ചോദ്യം ഈ കാര്യകാരണ ശൃംഖലയിൽ പൂർവനിഷ്പന്നമായത് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് സമാധാനം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പറയുന്നത് എന്തുകൊണ്ടോ ഈ സാഖ്യ ന്യായ വൈശേഷികന്മാരെല്ലാം ഈ വിഷയത്തെ വളരെ ചിന്തിച്ചവരാണ് അവരുടെ ചിന്തകളെല്ലാം മനസ്സി വച്ചുകൊണ്ടാണ് നമ്മുടെ ലൗകികമായ സാധാരണ യുക്തിക്കും മറുപടി പറയുന്നതല്ല അവരുടെ അതിവിസ്തൃതമായ ശാസ്ത്രചിന്തകളിൽ ഉന്നയിച്ച പ്രശ്നങ്ങളും സമാധാനങ്ങളും എല്ലാം മനസ്സിവെച്ചുകൊണ്ടാണ് പറയുന്നത് സാധാരണ ചോദിക്കുന്ന കോഴിയാണോ ആദ്യമുണ്ടായത് മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് പറയുന്ന ഒരു ചോദ്യം അത് ഏത് ബുദ്ധിക്കും ചോദിക്കാം എന്നുള്ളൊരു ചോദ്യമാണ് ആ ചോദ്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടു ഇതിനെ സംബന്ധിച്ചുള്ള സർവചർച്ചകളിലും വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പല ഉപായങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ട് അതിനാണ് സത്കാര്യവാദം ആരംഭവാദം തുടങ്ങിയ വാദങ്ങളെല്ലാം ഇതിന്റെ സമാധാനമായിട്ട് അവരാവിഷ്കരിച്ച് പക്ഷെ എന്തെല്ലാം ചർച്ച ചെയ്താലും ശരി ഈ ചോദ്യത്തിനൊരുത്തരം കതിരത് പൂർവം ആദ്യം ഏതാണ് എന്നുള്ളത് നശക്തി ദൈവത്വം നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല എന്നാ എന്നാണെങ്കിൽ സ്വയം ശക്തി ഇതിനെന്തു പറയും തത്വവിഭയോ മൂഢത അത് നിങ്ങളുടെ തത്വചിന്തയിൽ വന്നിട്ടുള്ള ഒരു മൂഢതയാണ് മൂഢതയെന്നേ പറയാൻ പറ്റും കാരണം അവിടെ മോഹം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു നിങ്ങളുടെ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യത്തിന് ഇത്തരം പറയാൻ കഴിയാതെ പോകുന്നതാണ് മൂഢത എന്ന് പറയുന്നത് അഥവാ യോയം ത്വയോക്രമോ ഹേതുവോ ഫലസ്യ ോ വിപര്യാസോ അല്ലെങ്കിൽ ഇതിനെ വേറെ തരത്തിലും മനസ്സിലാക്കാം എന്താണോ എന്തായാലും നിങ്ങളൊരു കാര്യം പറയുന്നു ഹേതോഹോ ഫലസ്യ സിദ്ധി വൃക്ഷത്തിൽ നിന്ന് ഫലമുണ്ടായി ഫലാസ് ആ ഫലത്തിൽ നിന്നും മറ്റൊരു വൃക്ഷമുണ്ടായി ഇതിങ്ങനെ പരസ്പരം കൽപ്പിച്ചു പോകുമ്പോ എവിടെയോ ചെല്ലുമ്പോൾ ഇതിനൊരു വിപര്യാസം ഒരു വൈപരീത്യം വന്നു നടന്ന് അംഗീകരിക്കേണ്ടി വരും കാരണം ആ കാലകാരണ ശൃംഖലയെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ഒരു സ്ഥലത്ത് നിന്ന് നിന്നു അതാണ് ഇതിൻ്റെ ഒരു ദോഷം ഏവം ഹേതുഫലയോഹോ കാലികാരണ ഭാവാനുപത്തെഹി അജാതി സർവസ്വാന വിപരദീപിത അതുമാത്രമല്ല ഈ കാര്യകാരണ ബന്ധത്തെ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫലത്തിനെന്താ ശ്രദ്ധിക്കുന്നത് ഇവിടെ കാര്യകാരണ ബന്ധമൊന്നും ഇല്ല എന്നാണ് ഭൗതികവാദികൾ പറയുന്നത് കാര്യകാരണ ബന്ധമേയില്ല കാര്യകാരണ ബന്ധമില്ലെങ്കിൽ എന്ത് സ്വീകരിക്കേണ്ടി വരും അജാതിയെ അതെങ്ങനെ അജാതിയെ സ്വീകരിക്കുന്നു മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രം എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിട്ടേ ഇല്ല വസ്കരിക്കേണ്ടി അവിടെയാണ് കാര്യകാരണത്തിൽ നിർണ്ണയിക്കാൻ കഴിയാതെ പോലെ ചോദിക്കാം അവിടെയും ചോദിക്കാം എന്താണ് ആദ്യം മണ്ണുണ്ടായോ അത് പാത്രം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് മണ്ണിൽ നിന്ന് അന്യമായൊരു പാത്രം അതുണ്ടായിട്ടേ സർവസ്യ അനുപത്തി പരിദീപിത പ്രകാശിക്കുക ഇപ്പോൾ കാര്യകാരണ ബന്ധത്തെ യുക്തിയിലൂടെ ഉറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ സൃഷ്ടിയെ സംബന്ധിച്ച് അങ്ങനെ സ്വീകരിക്കുന്നതാണോ ആ സൃഷ്ടാവിൽ നിന്നും അന്യമായി ഒരു സൃഷ്ടി ഉണ്ടായിട്ടേ അതാണ് പറഞ്ഞു വരുന്നത് അതാണ് സൃഷ്ടി ഇല്ല എന്ന് പറയുന്നതിന്റെ താപ്യം നൂ പറഞ്ഞല്ലോ തുര്യൻ തുര്യന്റെ സ്പന്ദനമാണിത് ഈ പ്രപഞ്ചം മുഴുവൻ തുര്യന്റെ സ്പന്ദന രൂപത്തിലുള്ള ആ പ്രപഞ്ചത്തിൽ നിങ്ങളെന്താ കാര്യ കാരണത്തെ അതിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഇവരെല്ലാം എന്താണ് ഈ പ്രകൃതിയിൽ കാര്യ കാരണത്തെ കണ്ടുപിടിപ്പിക്കാണ് പ്രകൃതിയിൽ കാണുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം പ്രകൃതിയിലൊരു കാരണത്തെ കണ്ടുപിടിക്കുകയാണ് അവിടെയാണ് തെറ്റ് പറ്റിയത് ഇത് തുര്യന്റെ സ്പന്ദനമാണെങ്കിൽ തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല തുര്യനിൽ അന്യമായിട്ടൊരു കാര്യമോ അതിനു കാരണമായി ഒരു തുരിയോ അവിടെ എടുത്ത് കാണിക്കാനില്ല ഒന്നിൻ്റെ എന്ന പല ഭാവങ്ങൾ ഒരു മണ്ണിൽ നിന്ന് തന്നെ പല പാത്രങ്ങളുണ്ടാകുന്നതുപോലെ അതൊന്നും മണ്ണല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് പ്രകാശിത അന്യോന്യ പക്ഷദോഷം ധ്രുവിത് ഉദ്ഭ്യർ ബുദ്ധേഹി പണ്ഡിതേഹി അപ്പോ നിങ്ങളുടെ ഈ വാദങ്ങൾ സാഖ്യ ന്യായ വൈശേഷിക എന്നെല്ലാം പറയുന്ന ഈ വാദങ്ങൾ നിങ്ങൾ പരസ്പരം തന്നെ എന്താണ് വാദിച്ച് വാദിച്ച അവസാനം അജാതിയിലെത്തിച്ചേർന്നിരിക്കുകയാണ് സൃഷ്ടാവിൽ നിന്ന് അന്യമായൊരു സൃഷ്ടി സംഭവിച്ചിട്ടില്ല പിന്നെ സൃഷ്ടി സംഭവിച്ചെന്ന് കരുതി നിങ്ങൾ നടത്തുന്ന ഈ വാദപ്രതിവാദങ്ങളെല്ലാം വ്യക്തി നിങ്ങളുണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം അതും മിഥ്യ തന്നെയാണ് നിങ്ങൾ കാണുന്ന നിങ്ങളിൽ നിന്ന് അന്യമായ സൃഷ്ടി അതും മണ്ണിൽ നിന്ന് വേറിട്ട് കാണുന്ന കുടത്തെപ്പോലെ മിഥ്യയാണ് അത്രയുള്ള മിഥ്യാശബ്ദത്തിന്റെ അർത്ഥം ഇത് ബുദ്ധേഹി പണ്ഡിതേഹി വിവേകികൾ ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അത് മനസ്സിലാക്കുന്ന വിവേകം നിങ്ങൾക്കില്ല അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കുന്നില്ല അതാണ് ബുദ്ധേഹി അജാതി പരിദീപിത വിവേകൾ ഈ തർക്കത്തിൽ നിന്നെല്ലാം അവർ ഗ്രഹിക്കുന്ന എന്തിനാണ് അജാതി സൃഷ്ടി അന്യമായി സംഭവിച്ചിട്ടില്ല എന്നുള്ളതിനാണ് അവർ മനസ്സിലാക്കുന്നത് ഇപ്പൊ ജഗന്മിഥ്യെന്നോ പ്രപഞ്ചാസത്യമാണെന്നോ എന്നും കേട്ടിട്ട് േജാരാകേണ്ട കാര്യമൊന്നുമില്ല ഇത് വളരെ ലഘുവായ കാര്യമാണ് ആർക്കും അനായാസമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് പാത്രവും മണ്ണും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാമെങ്കിൽ സൃഷ്ടി കടത്താവും ബന്ധവും അതുപോലെ അനായാസമായി മനസ്സിലാക്കും ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് നിങ്ങളുടെ ഈ വാദങ്ങളിലൂടെയൊക്കെ ഈ സൃഷ്ടിയെ സമർത്ഥിക്കാനും കാര്യകാരണ ബന്ധത്തുറപ്പിക്കാനും പ്രപഞ്ചം സത്യമാണെന്ന് സമ്മർദ്ദിക്കാനുമുള്ള ഈ ശ്രമങ്ങളിലൂടെയെല്ലാം വിവേകികൾ എന്താ മനസ്സിലാക്കുന്നത് ഇതിന്റെ അസത്യതയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അശക്തിരപരിജ്ഞാനം ക്രമകോബോധവാപ്പുന എന്നി സർവുദ്ധേർ അജാതിപരിദേവിത ബീജാങ്കുരാഖ്യോ ദൃഷ്ടാന്ത സദാസാധ്യസമൂഹി സി സാധ്യസമോഹേദ സിദ്ധോ സാധ്യസത്തെ ഇവിടെ പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ കാര്യകാരണതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു കാരണത്തിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ സത്യമായി ഉണ്ടായി ആ കാരണം മറ്റൊരു കാരണത്തിൽ നിന്നുണ്ടായി പ്രപഞ്ചത്തെ ആകെ എടുത്ത് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് ആ പരമകാരണമാണ് പ്രകൃതി അല്ലെങ്കിൽ പ്രധാനം എന്നാണ് പറയുന്നത് അങ്ങനെ ഉദാഹരണമായി പറയുന്നത് എന്താണ് വളരെ ലഘുവായി പറയുന്നു വൃക്ഷവും അതിൻ്റെ ബീജവും പോലെ ഒരു വൃക്ഷത്തിൽ നിന്ന് ബീജമുണ്ടാകുന്നു ആ ബീജത്തിൽ നിന്നൊരു അന്യവൃക്ഷം ഉണ്ടായി അതിൽ നിന്ന് അന്യമായൊരു ബീജമുണ്ടായി ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ഇതിലെന്താ യുക്തിഭംഗം എന്നാണ് ഇതിങ്ങനെ സംഭവിക്കാമെങ്കിലും ഈ പ്രപഞ്ചത്തിൽ നമ്മളിങ്ങനെ കാണുന്നതുകൊണ്ട് ഈ പ്രപഞ്ചവും ഇതുപോലെ ഏതൊരു കാരണത്തിൽ നിന്നുണ്ടായി ഇനി ഇതിൽ നിന്ന് മറ്റൊന്നുണ്ടാവും ഇങ്ങനെ കൽപ്പിക്കാം കൽപ്പനയിലെന്താ ദോഷം പറയുന്നു നിങ്ങൾ ഈ പറയുന്ന ദൃഷ്ടാന്തമുണ്ടെന്ന് അതിലാണിപ്പോൾ ഞങ്ങൾക്ക് തർക്കമുള്ളത് സംശയമുള്ളത് ആദ്യം അത് വ്യക്തമാക്കുക ഈ ഹേതു ഫലങ്ങളുടെ കാര്യകാരണഭാവം നിങ്ങളെങ്ങനെ നിർണയിച്ചു നിർണയിക്കണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അത് അവസാനിപ്പിക്കണം ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കണം ഇന്ന ഹേതുവിൽ നിന്ന് സൃഷ്ടി ആരംഭിച്ചു വിത്തും വെക്ഷവും എന്ന് പറയുന്ന ഈ ക്രമം ഇന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ചു എന്ന് പറയൂ ഇന്ന വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടായി അവിടെ നിന്ന് വിത്തും വൃക്ഷവും ഈ പരമ്പര ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയും അപ്പൊ അവിടെയാണ് ഞങ്ങൾക്ക് സംശയം ഏത് വൃക്ഷത്തിൽ നിന്നാണ് ഈ വിത്തുണ്ടായത് അല്ലെങ്കിൽ ഏത് വിത്തിൽ നിന്നാണ് ഈ വൃക്ഷം ഉണ്ടായത് അത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല അവിടെ പറയാനുള്ള ഒരേ ഒരു വഴി അനാദി എന്നാണ് അതും പറയാൻ നിവൃത്തിയില്ല കാരണം ഇത് ഓരോന്നിനും ആദ്യമുണ്ട് വൃക്ഷത്തിനും ആദ്യമുണ്ട് വിത്തിനും ആദ്യമുണ്ട് പിന്നെ പറയുന്നതാണ് ഈ പരമ്പര ഇത് അനാദി ഉഷത്തിൽ നിന്നും വിത്തിൽ നിന്നും മേൽപ്പെന്താ പരമ്പര ഇവിടെ ഉള്ളത് അങ്ങനെയൊരു പരമ്പര കാണാനല്ലോ ഒന്നുകിലും വൃക്ഷം അല്ലെങ്കിലും വിത്ത് രണ്ടിനും ആദ്യവും അല്ലാതെ വരും അനാദി എന്ന് പറഞ്ഞാൽ അതൊരു കൽപ്പനയാണ് അനവസ്ഥ എന്ന് പറയുന്ന ദോഷം വരുന്നതൊക്കറിയില്ല എന്നാണ് എന്റെ സമാധാനം അതുകൊണ്ട് അതിൽ തന്നെ നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്തിച്ചേരാൻ കഴിയില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ കാര്യകാരണത്തെ സംബന്ധിച്ച് നിങ്ങൾക്കത് തീരുമാനിക്കാൻ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഹേതു അതായത് ദിഷ്ടാന്തം അത് സംശയഗ്രസ്തമാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സിദ്ധാന്തവും അതുപോലെ സംശയഗ്രസ്തമാണ് എന്നാണിവിടെ പറങ്ങനൊരു ഉദാഹരണത്തെ എടുത്ത് കാണിച്ചിട്ട് പ്രപഞ്ചത്തിൽ കാര്യകാരണ ബന്ധം ഉണ്ട് എന്ന് സമ്മർദ്ദിക്കാൻ സാധ്യമല്ല കാര്യകാരണ ബന്ധം ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ബന്ധത്തെ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നു എന്നല്ല ഇത് ആരോപിതമാണ് അവാസ്തവമാണ് അതാണിവിടെ പറയുന്നത് ഹേതുഫലയോ കാര്യകാരണഭാവസ്മാരുത്തം ശബ്ദമാത്രമാശ്രിത്യ ക്തം പുത്രാദ്യന്നിതൃയഥ വിഷാണവച്ച അസംബന്ധ ഇയാദിവിടെ പറയാണ് ഹേതുഫലങ്ങൾക്ക് കാര്യകാരണ ബന്ധമുണ്ട് എന്നാണ് ഞങ്ങള് പറഞ്ഞത് അദ്വൈതിയോട് മറുപക്ഷത്തു നിന്ന് പറയുന്നു ദ്വൈതികള് പറയു ഞങ്ങൾ ഇത്രേ പറഞ്ഞോളൂ ഹേതുഫലങ്ങൾക്ക് കാര്യകാരണമുണ്ടെന്ന് എന്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വൃക്ഷത്തിൽ നിന്ന് ഫലമുണ്ടാവും ഫലത്തിൽ നിന്ന് ഉച്ചമുണ്ടാവും ഇത് കണ്ടുകൊണ്ടാ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ ശബ്ദ മാത്രമാശ്രിത്യ ഞങ്ങള് പറഞ്ഞ ശബ്ദത്തിൽ പിടിച്ചുകൊണ്ട് അദ്വൈതയോട് അവർ പറയുകയാണ് ചലം ഇതം നിങ്ങളിത് പറയുന്നത് വേറൊരു പറ്റിക്കലാണ് ഒരു വഞ്ചനയാണ് ഒരു ചതിയാണ് വേറെ ശബ്ദത്തെ എടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു സിദ്ധാന്തത്തെ ഖണ്ഡിക്കുക അത് ശരിയായ രീതിയല്ല തയോക്തം അതിനുവേണ്ടി നിങ്ങളെന്ത് പറഞ്ഞു പുത്രാദ്യെന്ന പിതൃയഥ പുത്രൻ നിന്ന് പിതാവുണ്ടാകും എന്നൊക്കെ പറഞ്ഞു വിഷാണ വെച്ച അസംബന്ധം ര വിഷാണുങ്ങളെപ്പോലെ പശുവിൻ്റെ കൊമ്പ് പോലെ അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ശബ്ദങ്ങൾ പ്രയോഗിച്ചിട്ട് ഞങ്ങളുടെ പ്രധാനമായ സിദ്ധാന്തത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു ഇതൊന്നും ശരിയല്ല ഞങ്ങൾ പറഞ്ഞ സത്യമാണ് പ്രപഞ്ചസത്യമാണ് പ്രപഞ്ചസത്യമാണെന്ന് പറയുന്നതിന് വേണ്ടി ഞങ്ങൾ ഉന്നയിച്ച വാദം സത്യമാണ് നിങ്ങൾ ശബ്ദജാലത്തിലൂടെ ഞങ്ങളെ ചതിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി ഇവിടെ ഒരു കാര്യകാരണ ബന്ധമുണ്ട് അതിനുദാഹരണം വൃക്ഷവും ബീജവും തന്നെ എന്നിങ്ങനെ വീണ്ടും പൂർവപക്ഷത്തിന്റെ ആശയത്തെ പറയുകയാണ് അസിദ്ധ ഹേതോഹോ അസിദ്ധാത്മാ ഫലസി ഞങ്ങളൊരിക്കലും ഇല്ലാത്ത കാരണത്തിൽ നിന്ന് കാര്യം അതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ഇല്ലാത്ത കാര്യത്തിൽ നിന്ന് കാരണം ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം അതൊക്കെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഖണ്ഡിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ദ്വീതികൾ പറയുന്നത് എന്താണ് ഞങ്ങൾ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ല എന്ന് നടിച്ചു അതിനാണ് ഛലമെന്ന് പറയുന്നു ഛലപ്രയോഗമെന്ന് പറയും അതായത് ഒരർത്ഥത്തിൽ ഒരു വാക്യം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായാലും അത് മനസ്സിലാകാത്ത രീതിയിൽ സമാനം പറയുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പറയണു നവകമ്പളോയം എന്ന് പറയുന്നത് ഒരു ഛലപ്രയോഗം പറയുന്ന നവമെന്ന് പറയുന്ന നിശ്ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട് പുതിയതെന്നുണ്ട് ഒമ്പതെന്നു അർത്ഥം നവകമ്പളോയം എന്ന് പറഞ്ഞാൽ എന്താണ് യവൻ യവനൻ യവന്റെ ഇരിക്കുന്ന ഈ കമ്പിളി പുതിയതെന്നാണ് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അപ്പൊ കേട്ടയാള് ഓ ഇവനിൽ ഒരു കമ്പളിയല്ലേ ഉള്ളു നിങ്ങളെന്തിനാ നവ കമ്പളം എന്ന് പറഞ്ഞത് എന്നും മറുപടി പറയുമ്പോഴാണ് പറഞ്ഞയാൾ പുതിയ കമ്പളം എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ കേട്ടയാളത് അറിയാത്ത രീതിയിൽ പറയുകയാണ് ഇവനിൽ ഒരു കമ്പളിയല്ലേ ഉള്ളു നിങ്ങളെന്തിനാ ഒമ്പത് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് ചെലവെന്ന് പറയുന്നത് പറയുന്നയാളിന്റെ താല്പര്യം മനസ്സിലാക്കിയിട്ടും അത് മനസ്സിലാക്കാത്ത രീതിയിൽ അതിന് വേറെ അർത്ഥമുള്ളത് കൊണ്ട് ആ അർത്ഥത്തെ എടുത്തുകൊണ്ട് പറയുന്ന ആളിനെ വെട്ടിയാക്കുക ആ പണിയാണ് അദ്വൈതികൾ ദ്വൈതികളോട് ചെയ്യുന്നതെന്ന് നമ്മൾ പറയും ഞങ്ങൾ പറഞ്ഞെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പക്ഷെ എഴുതാപ്പുറം വായിക്കാമെന്ന് പറയും പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയാത്ത അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനെല്ലാം നിങ്ങളെ കണ്ടിരിക്കുന്നു അതാണ് നിങ്ങൾ ഇതുവരെ ചെയ്തതെന്നാണ് അപ്പോൾ അദ്വൈതി ചോദ്യ കിന്തറിയ ശരി എന്നാൽ പിന്നെ നിങ്ങൾ എന്താ പറയുന്നത് ഒന്നുകൂടി പറയും നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കിട്ടി മറുപടി പറയാം മനസ്സിലാക്കാതെ മറുപടി പറഞ്ഞെന്നാണല്ലോ പറയുന്നു മനസ്സിലാക്കി തന്നെ മറുപടി പറയാം എന്താ നിങ്ങൾ പറയുന്നത് ബീജാങ്കുരവാര്യകാരണഭാവോ അഭ്യമതം വിദേ ഞങ്ങള് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീണ്ടും പറയണത് ഇതി ബീജാങ്കുരത്തെ പോലെ കാര്യകാരണഭാവത്തെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ പറയുന്നതിന് താല്പര്യം പ്രപഞ്ചം ബീജവും അങ്കുരവും പോലെയാണ് കോഴിയും മുട്ടയും പോലെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ ഞങ്ങൾ പറയുന്നു അപ്പൊ അതിൽ നിങ്ങൾക്കൊരു കാര്യകാരണഭാവത്തെ കാണാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിനും കാര്യകാരണഭാവമുണ്ടോ കാര്യകാരണഭാവം ഉണ്ടെങ്കിൽ പ്രപഞ്ച സത്യമാണോ കൽഫിതമല്ല എന്നാണ് വീണ്ടും അദ്വേദി വിശദീകരിക്കുന്നു ഞങ്ങൾ ചില പ്രയോഗമല്ല നടത്തിയത് കാര്യം മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ചിന്തിക്കുന്ന അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചില്ല അവിടെയാണ് തകരാറ് അത്ര ഉച്ചതേ ഇനി വീണ്ടും സമാധാനം പറയുന്നു ബീജാങ്കുരാഖ്യോ ദൃഷ്ടാന്തോ സാധ്യേന തുല്യോ മമ ഇത്യ പുത്രായ നിങ്ങൾ ഈ പറഞ്ഞ ഈ ദൃഷ്ടാന്തം ഇതിന് ഞങ്ങൾക്ക് സാധ്യ എന്താണ് നിങ്ങൾ പറയുന്ന ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണഭാവമുണ്ട് അസത്യമാണെന്നാണ് അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അതേ കാര്യം തന്നെ ഈ ദൃഷ്ടാന്തത്തിനുമുണ്ട് കോഴയുടെയും മുട്ടയുടെയും കാര്യത്തിനും ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതിലാ എന്നുള്ള കാര്യം ആദ്യം സംശയം തീർക്കുക തീർത്തു കഴിഞ്ഞാൽ ഈ സംശയവും തീരും പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള സംശയം തീരും ആ സംശയം തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ീ സംശയം എങ്ങനെ തീരും ഇത്രയും ഞങ്ങൾ പറയുന്നു ഇതിൽ ശരത്തിന്റെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ചിന്തിക്കുന്നില്ല അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു വീണ്ടും അതിനുള്ള അയുക്തിയെടുത്ത് കാണിക്കുക ഒരു സിദ്ധാന്തവും ഒരു ദൃഷ്ടാന്തത്തിലൂടെ സമ്മർദ്ദിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ നിങ്ങളൊരു ഉദാഹരണം കൂട്ടി കാണിക്കുന്നു ഈ ഉദാഹരണം ഇങ്ങനെ ആയതുകൊണ്ട് ഇന്നത് സംഭവിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല അക്കാര്യമാണ് ഇനി പറഞ്ഞു വരുന്നത് ശ൚൚൚൚൚൚൚൚൚൚൚൚൚൚൚൚൚ ചൻർത്ർ ജർത്ർ ചൻർ